c'est du bon ഓക്ഷരമ്യാനം ഭൂതം ഭവിഷ്യതിർ ഓവ് ദൃകാദാതീതം തദപ്യോകാര ജാഗരിതസ്ഥാനോഹിപ്രജ്ഞസോനവിശതിമുഖ സ്ഥലഭൃത് വൈശ്വാനര പ്രഥമ പാദ സ്വപ്നസ്ഥാനോ എകോനവിശതി മുഖ പ്രവിഭുജസോ ദ്ധീയ പദന പ്രജ്ഞാനുഘനേവാനന്ദമയൂഹ്യനന്ദഭുക്േദോമുഖപ്രജ്ഞസ്തൃതീയപ്പോല േയാമേഷ യോനി പ്രഭുവാ നന്ദം നഹിപ്രജ്ഞം നോ ഭേദ പ്രജ്ഞം ന പ്രാനുഘനം ന അദൃശ്യംഹാര്യമ്രാഹ്യം അലക്ഷണം അചിന്യം അഭ്യുപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മഞ്ഞത്തെ സത്മാേയ ജാഗരുതസ്ഥാനോ വൈശ്വാനരോ അഥമാ മാത്രേരാധിമ ആത്നോതിർ കാൻ ആദിശ്വേ സ്വപ്നസ്ഥാനത്തേജസ് ഉപാരോ ദ്യാത്ര ഉത്കർഷേത്കർഷിഹി ന്യൂനസന്ദതിമാനശ്ചോതി നമവിക്ലേദ സത്ോമകാലമാത്രമി തേരാപീർവ വിനോദ വർമ്മിശവേദ അമാത്ര ചതുോ അവ്യവഹാര്യ പ്രപഞ്ചോ വശമ ശിവോ അദ്വൈതൈവാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം വേദ ശാന്തി പ്രകടനം നാലാമത്തെ ഒന്നാമത്തെ ശ്ലോകം കൾ ബ്രഹ്മോകണനോപമാൻ ഞേയാബുദ്ധ സംബന്ധിപ്പംബരം ഈ പ്രകടനത്തിൽ പ്രധാനമായിട്ടും അജാതവാദത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ പറയും അസ്പർശയോഗം അതിൽ തന്നെ സംഖ്യന്മാര് ന്യായവൈശേഷികന്മാർ അവരുടെ സിദ്ധാന്തങ്ങളവിടെ ിക്കുകയാണ് അതിവിടെ പറയും അദ്വൈതത്തിൽ വാസ്തവത്തിൽ മറ്റാരുടെയും ശ്രദ്ധ നിങ്ങൾ നിഷേധിക്കുന്നില്ല എന്നാൽ അവർ പരസ്പരം നിഷേധിക്കുന്നു ഒരാൾ പറയുന്ന വ്യക്തിയെ മറ്റൊരാൾ നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിക്കുന്നോണ്ട് പരസ്പരം അവരുടെ സിദ്ധാന്തങ്ങൾ ശരിയല്ല എന്നും അർത്ഥ വന്നുചേരുന്നു അക്കാര്യത്തെ അദ്വൈതം ഇവിടെ എടുത്തു കാണിക്കുന്നേയുള്ളൂ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ദർശനത്തെ നിഷേധിക്കുക എന്നത് അദ്വൈതത്തിൽ ഇല്ല എന്നാണ് എന്റെ ആദ്യ ഭാവമാണ് നമ്മൾ ചർച്ച ചെയ്തത് തതിഹ വിസ്തരീണ അന്യോന്യ വിരുദ്ധതയാ സംയുക്ത ദർശനത്വം പ്രദർശിച്ച് നീ ശാസ്ത്രങ്ങളെല്ലാം മുമ്പ് പറഞ്ഞ രീതിയിൽ പരസ്പരം വിരുദ്ധങ്ങളായിത്തീരുന്നു അവയെല്ലാം പരസ്പര വൈരുദ്ധ്യത്തെ ഞങ്ങളെടുത്ത് കാണിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ദ്വൈത ദർശനത്തെ അദ്വൈതിക്ക് നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർ പരസ്പരം നിഷേധിക്കുന്നുണ്ട് അതുകൊണ്ടത് സംയുക്ത ദർശനമല്ല തത് പ്രതിഷേധേന അദ്വൈത ദർശനം ഉപസംഹർത്ത അതുകൊണ്ട് അവരുടെ പരസ്പരമുള്ള നിഷേധത്തിലൂടെ ശ്രദ്ധിക്കുന്നതാണ് അദ്വൈത ദർശനം അദ്വൈതിയെക്കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട് എന്താണോ വാദപ്രതിവാദത്തിലൂടെ ദ്വൈതികളെല്ലാം പരാജയപ്പെടുത്തി സ്വന്തം സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നവരാണ് അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഓരോ ദർശനങ്ങളിലും ദ്വൈത ദർശനങ്ങളിലും പോരായ്മകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ദർശനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല അദ്വൈതി അതിനെ ആവശ്യമില്ല അദ്വൈത ദർശന ശത്രുഹസും ഹർത്തവ്യ ആവീതന്യായ അലാധശാന്തിരാരംഭിത അത് ഇവിടെ പറയുന്നു ആവീതന്യായം വ്യതിരേകന്യായം എന്ന് പറയും അത് തർക്കശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ് അന്യന്യായവും വ്യതിരേകന്യായം അന്യയുക്തി വ്യതിരേ യുക്തി അന്യവ്യാപ്തി വ്യതിരേ വ്യാപ്തി എന്നെല്ലാം പറയും പുകയെ കണ്ടിട്ട് പറയുന്നു പുകയുള്ളടത്തെല്ലാം തീയുണ്ടാവും അതിന് അവന്റെ അന്യന്യായം എവിടെ എവിടെയെല്ലാം പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീയുണ്ട് എന്നാണ് തിരിച്ചും പറയാം എവിടെയാണോ തീ ഇല്ലാത്തത് അവിടെ പുകയും ഇല്ല എന്ന് പറയുമ്പോൾ അത് ആമുധന്യായമായി അല്ലെങ്കിൽ വ്യതിരേക ന്യായം വ്യതിരേക വ്യാപ്തി വ്യതിരേക യുക്തി എന്നെല്ലാം പറയും അതിലൂടെ ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നു അന്യ വ്യാപ്തിയിലൂടെയും വ്യതിരേക വ്യാപ്തിയിലൂടെയും ഒരു നിഗമനത്തിൽ ആണോ എവിടെയാണോ പുക വേണ്ടത് വിടെ തീർച്ചയായും തീമുണ്ടായിരിക്കും ഇതിന് അനുമാന പ്രമാണമെന്നും പറയുന്നു ഈ തരത്തിൽ അന്യ വ്യതിരേക വ്യാപ്തിയിലൂടെ ഒരു നിഗമനത്തിനെത്തിച്ചേരുന്നു ഇത് ചാർവാകന്മാരൊഴികെ എല്ലാ ദാർശനികന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു ചിന്താരീതിയാണ് അനുമാനം അതിന് അനുമാന എന്നും പറയും പ്രത്യക്ഷത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അനുമാനത്തിനും ചില സ്ഥലങ്ങളെല്ലാം അനുമാനത്തിനും പ്രത്യക്ഷത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് കാരണം പ്രത്യക്ഷത്തിലൂടെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും അനുമാനത്തിലൂടെ ശ്രദ്ധിച്ചു അതീന്ദ്രിയമായ കാര്യങ്ങൾ തുടങ്ങിയതെല്ലാം പ്രത്യക്ഷത്തിലൂടെ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞ അനുമാനത്തിലൂടെ യഥാർത്ഥമായ ഞാനുണ്ടാകും അറിഞ്ഞാൽ പോരാ അറിവ് സത്യമായിരിക്കും അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷത്തേക്കാൾ പ്രാധാന്യം അനുമാനത്തിന് കൊടുക്കുന്നുണ്ട് അതാതും യഥാർത്ഥമായ അനുഭവത്തിനുള്ള ഉപായമാണ് ആ നിലയ്ക്ക് ഇവിടെയും അന്യ പ്രകൃതിയുടെ അനിത്യത് അതാണ് ഇവിടെ സമ്മർദ്ദിക്കുന്നത് ഇവിടെ എന്താണ് അന്യവ്യാപ്തി പറയുന്നത് എന്താണോ ഉണ്ടായത് അതനിത്യമാണോ ഇവിടെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോകം അതനിത്യം എന്ന് പറയുമ്പോൾ അത് അന്യവ്യാപ്തി അന്യ വ്യതിരേഖകമായി പറയുമ്പോൾ എന്തെല്ലാം അനിത്യമായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടായതാണ് എന്തെല്ലാം നമ്മൾ അനിത്യമായി കാണുന്നുണ്ടോ ബാഹ്യമായി തന്നെ പരിശോധിക്കാം പ്രത്യക്ഷമായി പരിശോധിക്കാം ഇവിടെ എന്തെല്ലാം അനിത്യമായി നിങ്ങൾക്ക് നശിച്ചു പോകുന്നതായി കാണുന്നുണ്ടോ അതെല്ലാം ഉണ്ടായതാണ് ഈ രണ്ടു യുക്തിയിലൂടെയും ഈ കാണപ്പെടുന്ന സർവവും ഉണ്ടായതാണ് അതുകൊണ്ട് ഈ കാണപ്പെടുന്ന സർവവും നശിക്കുന്നതുമാണ് എന്ന് സമ്മർദ്ദിക്കുന്നു അതാണ് ആമീതന്യായ അലാധശാന്തി അങ്ങനെ യുക്തിയിലൂടെ നിശ്ചയിച്ച കാര്യം ഈ കാണുന്ന സർവ്വവും നശിക്കുന്നതാണ് നശിക്കുന്നതാണെങ്കിൽ അത് സത്യമാണ് അത് മറ്റൊരു രീതിയിൽ പറയുന്നതാണ് മിഥ്യയാണ് ഉണ്ടാകുന്നതെല്ലാം നശിക്കുന്നതാണെന്നുള്ളത് മറ്റുള്ളവർ സ്വീകരിക്കുന്നതാണ് ന്യായവൈശേഷികന്മാരും അത് അംഗീകരിക്കുന്നതാണ് പക്ഷെ അവർ പ്രപഞ്ചം വിധിയാണെന്ന് പറയുന്നത് കാണുന്ന വസ്തുക്കളിൽ ഉണ്ടായതുകൊണ്ട് നിത്യമായതുകൊണ്ടെന്നാണ് അവരുടെ പക്ഷെ പരമാണുക്കളും മറ്റും നിത്യമാണ് ഭാഗ്യമായി കാണുന്ന ഈ കുക്ഷലതാദികളും മറ്റും നശിക്കുന്നതാണ് ഇതാണ് അവർ പറയുന്നത് പക്ഷേ ഈ ന്യായത്തെ അവർ സ്വീകരിക്കുന്നു ഉണ്ടായതല്ലാന്ന് നശിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്നൊന്നും അവർ സ്വീകരിക്കുന്നില്ല പക്ഷെ അദ്വൈതി എന്ത് ചെയ്യുന്നു ആ ന്യായത്തിലൂടെ അവസാനെത്തിച്ചേരുന്നത് എന്താണോ ഇത് മിഥ്യയാണ് പ്രപഞ്ചം പരമാർത്ഥമല്ല എന്നും അനാഥശാന്തി പ്രകടനത്തിൽ അതാണ് സമർത്ഥിക്കുന്നത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത അദ്വൈതിക്ക് മാത്രമാണ് ദർശനത്തിൽ അങ്ങനെ ഒരു പരമാർത്ഥ ചിന്തയിൽ അവർ നിത്യമായ വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ പരമാർത്ഥം അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല പരമാർത്ഥ ചിന്തയിൽ അനിത്യം എന്നുള്ളതിനു വരി മിഥ്യ അതിനെക്കൂടെ ശ്രദ്ധിക്കുന്നു അനിത്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ല അനിത്യം മിഥ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പരമാർത്ഥത്തിൽ ഇല്ലാത്തത് അതിനുവേണ്ടി ഇവിടെ അരാധശാന്തി പ്രകടനത്തെ കുറിച്ച് പറയുന്നു തർക്കത സമ്പമന അവഗതവാദാന്കഞ്ചമന്തരേണ പാക്ഷി അസംഘ സർശനത്തിഷേധനവസംഹർത്ത അലാധശാന്തി ദൃഷ്ടാന്ത ഉപലക്ഷിതം ആരഭ്യതയെ പ്രകരണം ആദ്യ അനുമാനത്തിലൂടെ ഊഹിക്കുന്നു അതാണ് തർക്കതക സംഭാവിതർക്കത്തിലൂടെ എന്താണ് ഈ പ്രപഞ്ചം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ആ തുരിയനിൽ നിന്ന് അന്യമായി പ്രപഞ്ചം നിലനിൽക്കുന്നില്ല ഈ പ്രപഞ്ചം തുരിയന്റെ ചിത്തസ്പന്ദനമാണ് ഇത് പരമാർത്ഥത്തിൽ തുരിയെ അറിഞ്ഞവന്റെ അനുഭവമാണ് അതിലുപരിയായി യുക്തിയിലൂടെ ഇത് സമർപ്പിക്കുക അതിന് വേണ്ടിയിട്ടാണ് മുമ്പ് ചർച്ച ചെയ്തത് അതാണ് തർക്കത സംഭാവിതർ യുക്തിയിലൂടെ സമർപ്പിക്കുന്നത് ഈ ഭാഗം കൂടുതലും അതാണ് ചെയ്യുന്നത് ഇവിടെ ശ്രുതിയും കാര്യയും എല്ലാം പ്രധാനമായും രണ്ട് രീതിയിലാണ് ഒന്ന് ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കും സിദ്ധാന്തത്തെ സമർത്ഥിക്കുമ്പോൾ അവിടെ യുക്തിയെയും ശ്രുതി പ്രമാണത്തെയും ആശ്രയിക്കും അതിൽ അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം അതെല്ലാം ദ്വൈതം എന്ന് പറയുന്ന ഒരു പട്ടികയിൽപ്പെട്ടു അതിനെയെല്ലാം നിഷേധിക്കുക അത് അവർ പരസ്പരം നിഷേധിക്കുന്നതുകൊണ്ട് അതെല്ലാം സ്വയം നിഷേധിക്കപ്പെടുന്നു എന്ന് വെളിപ്പെടുത്തിയത് നിഷേധം തന്നെ ചില സന്ദർഭങ്ങൾ അങ്ങനെയല്ല അദ്വൈതി നേരിട്ട് തന്നതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങളുമുണ്ട് തർക്കപാതത്തിനും മറ്റും അതാണ് ചെയ്യുന്നത് എന്തായാലും ദ്വൈതദർശനം പരസ്പരം വിരുദ്ധമാണെന്ന് കാണിക്കും അത് ഒരു തരത്തിലുള്ള ചിന്തയാണ് അപ്പോ അത് ശ്രോണത്തിലൂടെ ഒരുവനും പരമാർത്ഥത്തെക്കുറിച്ചുള്ള ദൃഢമായ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ആത്മതത്വത്തെ പ്രതിപാദിക്കാനുണ്ട് ദ്വൈതദർശനത്തിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനാണ് അവിടെ യുക്തിക്ക് പ്രാധാന്യം വരും അനുഭവത്തിന് ശാസ്ത്രത്തിന് പ്രാമായം വരും രണ്ടാമത് അങ്ങനെ എന്താ ആത്മതത്വത്തെക്കുറിച്ച് പറയും എന്താണ് ആത്മതത്വം ത്മനിഷ്ഠനാകാം അത് കൂടുതൽ അന്തർമുഖമാണ് കൂടുതൽ സൂക്ഷ്മമാണ് അത്തരം ചർച്ചകൾ അന്തർമുഖമായി സൂക്ഷ്മമായി ഒരുവനെ ആത്മാഭിമുഖമാക്കും ഇതാണ് മറ്റൊരു തരത്തിലുള്ള ചർച്ച ഇത് രണ്ടും മാറി മാറി വരും ഒരു സ്ഥലത്ത് ആ ശ്രോതാവിന് കൂടുതൽ അന്തർമുഖമാക്കി ആത്മനിഷ്ഠമാക്കുമെങ്കിൽ മരസ്ഥലത്തേക്ക് വരുമ്പോൾ വീണ്ടും അത് യുക്തിചിന്തയിലൂടെ അദ്വൈതത്തിന് വിരോധിയായി വരുന്ന സിദ്ധാന്തങ്ങൾ നിഷേധിക്കുന്ന ആ രീതിയിലേക്ക് പോകും ഇവിടെ ഇപ്പോൾ രണ്ടാമെന്ന് പറഞ്ഞതി ആത്മനിഷ്ഠയ്ക്കുള്ള പ്രാധാന്യം ആത്മനിഷ്ഠയ്ക്ക് പ്രതികൂലമായിരിക്കുന്ന ആശയങ്ങളുടെ പോരായ്മകൾ എടുത്തു കാണിക്കുകയാണ് അപ്പോൾ ഇതൊരു പൊതുവായ ചർച്ചയാണ് എന്ന് പറയാം ഇന്ന് വരുന്ന ഭാഗങ്ങൾ കുറേ ഭാഗം അങ്ങനെയാണ് പോകുന്നു അതും ആവശ്യമാണ് ഇത് രണ്ടുകൂടാതെ മൂന്നാമത് രീതി ശാസ്ത്ര ചർച്ചയിൽ മൂന്നാമത്തെ എന്താണ് അർത്ഥവാദവാക്യങ്ങൾ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ആത്മതത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുക അതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വർണ്ണയിക്കുക പക്ഷേ രോചകമായ വാക്യങ്ങൾ പറയുക ആൾക്കാർക്ക് ഇഷ്ടം ആത്മജ്ഞാനം കൊണ്ട് എന്നെ എന്നെ ഫലങ്ങളുണ്ടാവും ഫലത്തെക്കുറിച്ച് പറയും അങ്ങനെ പറഞ്ഞിട്ട് ശ്രോതാവിന് ഇതിനെക്കുറിച്ച് രുചിയമുണ്ടാകും താൽപ്പര്യത്തെ ഉണ്ടാക്കുക അത് മൂന്നാമത്തെ വഴിയാണ് അത് മുഖ്യമല്ല പക്ഷേ ശ്രോതാക്കൾക്കത് ഇഷ്ടമായി പറയുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ആത്മ ജ്ഞാനം കൊണ്ട് മോക്ഷം പ്രാപിക്കും മോക്ഷം ആനന്ദമാണ് സർവദുഃഖം നിവൃത്തി വരും ഈ തരത്തിൽ അതിനെ വർണ്ണിക്കും ഇത് കേവലം വർണ്ണനയാണ് അർത്ഥവാദപരമായ വർണ്ണനകളാണ് പക്ഷെ കേൾക്കാർ കൂടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് അതൊന്നും മുഖ്യമായ തത്വപ്രതിപാദനമല്ല മുഖ്യമായ തത്വപ്രതിപാദനത്തിൽ മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ സൂക്ഷ്മതയും മാത്രം ആശ്രയിച്ചിട്ടാണ് ശ്രോതാവ് മുന്നോട്ട് പോകുന്നത് അവിടെ പ്രത്യേകിച്ച് രസകരമായിട്ടൊന്നുമില്ല കൂടുതൽ തത്വചിന്താപരമായിട്ടുമില്ല അപ്പോൾ പ്രധാനമായിട്ട് ഈ മൂന്ന് തരത്തിലാണ് ശാസ്ത്രം ഈ കാര്യത്തെ അതിൽ ഏറ്റവും മുഖ്യമായി വരുന്നത് അന്തർമുഖമായി ഒരുവനെ നയിക്കുന്ന രീതിയാണ് അതിന് പ്രക്രിയ എന്ന് പറയും ചിന്താരിക്കും രണ്ടാമതായി വരുന്നത് ഇതാണ് തത്വപ്രതിവാദം ദുരിതവാദങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് വരുന്നത് മൂന്നാമതായി വരുന്നത് നമ്മളെ രസിപ്പിക്കുന്നത് തത്വത്തിന്റെ മഹത്വത്തെ പറഞ്ഞ് ആത്മ നിഷ്ഠയെക്കുറിച്ച് മോക്ഷത്തിന്റെ സവിശേഷതകളെല്ലാം കുറിച്ച് പറഞ്ഞ് ശ്രോതാക്കളെ രസിപ്പിക്കുന്നു നമ്മളിഷ്ടപ്പെടുന്നു അത് അഥവമാണ് എന്നാണ് പറയുന്നത് തത്വചിന്തയും ഇവിടെ രണ്ടാമത്തെ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് തർക്ക സംഭാവിതാഗമ്യൻ അവഗതാപി തർക്കത്തിലൂടെ യുക്തിയിലൂടെ സമ്മർദ്ദിച്ചു അത് തന്നെ ആഗമനത്തിലൂടെ അറിഞ്ഞു ശ്രുതി നേരിട്ട് പറഞ്ഞു ശ്രുതി നേരിട്ട് പറയുന്നതിൽ ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ് ഇതാണ് പരമാർത്ഥം കുരിയനാണ് പരമാർത്ഥം ഈ പ്രപഞ്ചം അതിൽ ആരോ വിധമാണ് പക്ഷെ ശ്രുതി പറഞ്ഞാൽ അത് ബോധ്യം വരത്തില്ല നിസ്സംശയമായി ബോധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സംശയം വരും മനസ്സികല്പങ്ങൾ വരും അതങ്ങനെ സംഭവിക്കാമോ എന്ന് ചിന്തിക്കും അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു തർക്കത്തെ കൂട്ടുപിടിക്കുന്നു ശ്രുതി അനുസാരിയായ തർക്കം അതുകൊണ്ട് രണ്ടിനെയും പറഞ്ഞു ശ്രുതി ബോധിപ്പിച്ചു തർക്കം അതിനെ സമർത്ഥിച്ചു അവിടെ പ്രതിപക്ഷഭൂത വാദാന്തര അപാകരണ പ്രപഞ്ച അന്തരേണ വളരെ ശുദ്ധമായ മനസ്സാണ് സൂക്ഷ്മമാണ് ഏകാഗ്രമാണെങ്കിൽ ശ്രുതി പറയുന്ന മതി പക്ഷെ അങ്ങനെയുള്ള മനസ്സല്ല മനസ്സ് ക്ഷിപ്തമാണ് എങ്കിൽ ആ മനസ്സിൽ പല വാദങ്ങളും വരും പ്രതിപക്ഷഭൂത വാദാന്തരം ശ്രുതി പറഞ്ഞതിനെ എതിർക്കാനുള്ള മനസ്സുക ഗുരു ഉപദേശിക്കുന്നതിന് ഗുരു നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്ന മനസ്സപോലെ ശ്രുതി പരമഗുരു ആണോ ശ്രുതിയുടെ ആ വാക്യങ്ങളും അത് പരമാർത്ഥമാണ് പറഞ്ഞാലും അതിന് ചോദ്യം ചെയ്യും അതാണ് പ്രതിപക്ഷഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത് വാദാന്തരങ്ങൾ മനസ്സ് പല വാദങ്ങളെയും അവിടെ ഉന്നയിക്കും അതെങ്ങനെ ശരിയാകും ശ്രുതി എങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിക്കും ഗുരുവിന്റെ വാക്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഗുരു അങ്ങനെ പറഞ്ഞ് ശരിയാണോ അങ്ങനെ പ്രവർത്തിച്ച് ശരിയാണോ ഈ സന്ദർഭത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ലല്ലോ പ്രവർത്തിക്കില്ലായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ഇതാണ് പ്രതിപക്ഷവാദങ്ങൾ അതിന്റെ അപാകരണം പ്രപഞ്ചം അതിനെ അപാകരണം ചെയ്യുക ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് ചെറിയൊരു കാര്യമുണ്ട് ഈ കോടിക്കോടി ഗ്രന്ഥങ്ങളുണ്ടായത് മുഴുവൻ എന്താണ് ഈ പ്രതിപക്ഷ ചിന്തകളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പറയാൻ ചുരുക്കം വാക്കുകളെ തത്വമസി എന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ അല്ലെങ്കിൽ ഓമെന്നോ അതും മതി തത്വത്തെ മൗനത്തിലൂടെയും ബോധ്യപ്പെടുത്താം പക്ഷേ മനസ്സാദനൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിപക്ഷഭൂതമായ വാദാന്തരങ്ങൾ അതൊരു പ്രപഞ്ചമാണെന്നാണ് പറയുന്നതാണ് ശാസ്ത്രപ്രപഞ്ചം ചിത്തഭ്രമണകാരണം എന്നാണ് പറയുന്നത് എത്ര പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കാത്ത ശാസ്ത്രപ്രപഞ്ചം ഈ ശാസ്ത്രത്തെ ഇങ്ങനെ പ്രപഞ്ചനം ചെയ്യുന്നവർ വിസ്തരിക്കുന്ന ആചാര്യന്മാർക്കും അറിയാം ഇത് വെറുതെയാണ് ഇതിന് കഴമ്പില്ലെന്നറിയാം അവർക്ക് നമുക്ക് മാത്രമല്ല ഒരു തരത്തിലത് നിഷ്പ്രയോജനമാണെന്നുള്ളതറിയാം പക്ഷെ അതല്ലാതെ മറ്റൊരു ഉപായം ഇന്ന ഈ മനസ്സിനെ അടക്കുന്നതിന് മനസ്സിങ്ങനെ നിരന്തരം ഈ പ്രതിപക്ഷ വാദങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് സമാധാനം പറയാതെ നിവർത്തിയില്ല അതുകൊണ്ട് ഈ ശാസ്ത്രം തന്നെ ഒരു വലിയ പ്രപഞ്ചമായി മാറുന്നു അവളുടെ ഭാഷകാരനും പറയുന്നു ഈ ശാസ്ത്ര പ്രപഞ്ചത്തെ കൂടാതെ സാധ്യമല്ല അതിനുവേണ്ടിയിട്ടാണ് ഈ അലാധശാന്തി പ്രകടനം എന്നാണ് അതിന്റെ ആവശ്യത്തെ കുറിച്ച് ഞാനിപ്പോൾ വായിച്ചത് ആനന്ദങ്കിരി ഒരു ഭാഗമാണ് അത് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് തത്പ്രഷേധേന അദ്വൈത ദർശന സിദ്ധിരൂപ സിംഹർത്തവ്യ ഈ ചിന്താപ്രപഞ്ചത്തെ അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധി അത് സമർത്ഥിക്കണം സമ്യക് ദർശനത്തെ ആദ്യം കാണിച്ചിട്ടും വീണ്ടും മനസ്സിൽ വിരുദ്ധ ദർശനങ്ങൾ വരുന്നു അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത ദർശനം അവതരിപ്പിക്കണം അതിനുവേണ്ടി ആവിധന്യായേന അനാഥശാന്തി പ്രകടനത്തെ ഇവിടെ പറയുന്നു എല്ലാ യുക്തികളും ഉപയോഗിച്ചു തത്ര അദ്വൈത ദർശന സമ്പ്രദായകർത്തോ അദ്വൈത സ്വരൂപേണൈവ നമസ്കാരാർത്ഥവും അയം ആദ്യശ്ലോക അദ്വൈത ദർശന സമ്പ്രദായകർത്താവ് അതാരുന്നു പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല ആദി നാരായണൻ എന്ന് പറയാം ചിലർ പറയുന്നു ബുദ്ധൻ എന്നും പറയുന്നുണ്ട് അദ്വൈതവാദി എന്ന് പറയുന്നുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട് സമ്പുദ്ധം വന്ദ്ധിപതാംബരം എന്ന് പറയുന്നുണ്ട് എന്തായാലും അദ്വൈതത്തെ ഏറ്റവും പ്രാചീനനായ ആചാര്യൻ അറിയപ്പെടുന്ന ആചാര്യൻ അദ്വൈത ദർശന സമ്പ്രദായകർത്താവ് അതാരാണ് അത് അങ്ങനൊരു വ്യക്തിയായി ഇവിടെ കാണുന്നില്ല സമ്പ്രദായകർത്താവിനെ ഗുരുവിനെ നമ്മളൊരു വ്യക്തിയാണ് വ്യക്തിയായിട്ടാണ് കാണുന്നത് അങ്ങനെ കാണുന്നതിന് കാരണം നമ്മുടെ മനസ്സ് വളരെ സങ്കുചിതമായി നമുക്കൊരു വ്യക്തിഭാവത്തിൽ നിന്ന് ഉണർന്നും തത്വഭാവത്തിൽ ഗുരുവിനെ കാണാൻ കഴിയത്തില്ല പക്ഷെ ഇവിടെ വിചാരം പറയുന്നു ആചാര്യം പറയുന്നതെന്നാണ് അദ്വൈത അദ്വൈത സ്വരൂപേണേ ഇവിടത്തെ ഗുരു അദ്വൈതം സ്വരൂപം തന്നെ അദ്വൈത തത്വം തന്നെ അദ്വൈത തത്വത്തിൽ നിന്നും അപ്പുറത്തിലൊരു ഗുരുവില്ല കയും കാലും മുഖവും നാക്കും മൂക്കുമൊക്കെയുള്ളൊരു ഗുരു ഇവിടെ ഇല്ല ആ തത്വം തന്നെ പറയുന്നു ആ ഗുരുവിന് അദ്വൈത സ്വരൂപേണൈവ നമസ്കാരാർത്ഥവും അദ്വൈത രൂപത്തിൽ തന്നെ നമസ്കരിക്കുന്നു എന്നർത്ഥം അദ്വൈത രൂപത്തിൽ പിന്നെന്താ നമസ്കാരം നമസ്കരിക്കുന്നെങ്കിൽ എന്താണോ അഷ്ടാംഗ നമസ്കാരമോ സാഷ്ടാംഗ നമസ്കാരമോ എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് പരിചയമുള്ളത് ഇവിടെ എങ്ങനെയാണ് അദ്വൈത രൂപത്തിലുള്ള നമസ്കാരം ആദ്യ ശ്ലോകം ഇവിടുത്തെ നമസ്കാരം എന്ന് പറയുന്ന ആദ്യ മാനസികമായ ഭാവന തന്നെ അതെല്ലാ പേരെ ശ്ലോകം എന്ന് പറഞ്ഞാൽ കാണാം മനസ്സിൻ്റെ ഭാവന ഭാവനയിലൂടെ നമസ്കരിക്കുന്നു അതാണ് മുഖ്യമായ നമസ്കാരം മനസ്സ് അദ്വൈത അഭിമുഖമാകുന്നത് നമസ്കാരം അദ്വൈതത്തെ അദ്വീതത്തെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ മനസ്സ് അദ്വൈതാഭിമുഖമാകുന്നു ആത്മാഭിമുഖമാകുന്നു അദ്വൈതം എന്ന് പറഞ്ഞാൽ ആത്മാകുന്നു ആത്മാഭിമുഖമാകുന്നു അതാണ് ഏറ്റവും വലിയ നമസ്കാരം ബാഹ്യമായി ചെയ്യുന്നത് നമസ്കാരം അത് ഗോണ നമസ്കാരം പാമരന്മാർക്കുള്ള നമസ്കാരം വേണ്ട എന്നുള്ളതല്ല അതും വേണം പക്ഷേ മുഖ്യ നമസ്കാരം അതല്ല മനസ്സിന്റെ ഭാവന തന്നെ മുഖ്യ നമസ്കാരം നേരത്തെ പറഞ്ഞു നിറഞ്ഞ നമസ്കാരം അവനിൽ ബാഹ്യമായ നമസ്കാരങ്ങളില്ല ബാഹ്യമായ സ്തുതി കഥനങ്ങളൊന്നുമില്ല അവന്റെ അന്ധകരണം സദാ ആത്മാഭിമുഖമായിരിക്കുന്നത് തന്നെ അവൻ്റെ നമസ്കാരം അതുകൊണ്ടിവിടെ ആത്മസ്മരണം അദ്വൈതസ്മരണം അത് തന്നെ നമസ്കാരം അല്ലെങ്കിൽ പറയാൻ എന്താണോ അവൻ സദാ ആചാര്യ നമസ്കാരത്തിൽ തന്നെ ആചാര്യ പൂജാഹി അഭിപ്രേതാർത്ഥ സിദ്ധ്യർത്ഥ വിഷ്യത ശാസ്ത്രാരംഭേ ശാസ്ത്രം ഗുരു ഉപദേശിക്കുമ്പോ ശിഷ്യനെ പലതും ബോധ്യപ്പെടുത്തണം അവരൊന്നും ബോധ്യപ്പെടേണ്ട എന്താണ് ആചാര്യപൂജ ഗുരുപൂജയെക്കുറിച്ച് എന്തിനു വേണ്ടി ആ തത്വഗ്രഹണത്തിന് തത്വനിഷ്ഠയ്ക്ക് തന്നെ അത് ആവശ്യമാണ് ആചാര്യപൂജ ഗുരുപൂജ ആവശ്യമാണ് അഭിപ്രേത അർത്ഥസിദ്ധ്യർത്ഥം എന്താണോ ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആചാര്യൻ ഉദ്ദേശിക്കുന്ന എന്താണോ ആ ശിഷ്യന്റെ മംഗളമാണ് മറ്റൊന്നും ഒരു ശിഷ്യനിൽ നിന്ന് ആചാര്യൻ പ്രതീക്ഷിക്കുന്നു അതാണ് അഭിപ്രായം ആ ശിഷ്യന്റെ മംഗളം എന്താണോ അവൻ ആത്മനിഷ്ഠനാവുക ആത്മനിഷ്ഠയിലൂടെ സംസാരമോചനം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് അഭിപ്രായാർത്ഥം അതിനുവേണ്ടി ആചാര്യൻ തന്റെ ആചരണത്തെ തന്നെ ശിഷ്യൻ ബോധ്യപ്പെടുത്തുന്നു തന്റെ ആചരണം എന്താണ് ആത്മസ്മരണ സദാ ആത്മസ്മരണ ആ സദായുള്ള ആത്മസ്മരണയിലൂടെ ആത്മാനുഭവത്തിലെത്തിച്ചേരുക അതാണ് അവിടുത്തെ ആചാര്യപൂജ ഗുരുപൂജ എന്ന് പറയുന്നത് അത് ശിഷ്യനും നിരന്തരം നിലനിൽക്കണം അതിനുവേണ്ടി ഇനി പറയാൻ പോകുന്ന വാദവിവാദങ്ങൾ വാദവിവാദങ്ങളിലേക്ക് കിടക്കുകയാണ് അയ്യായികൻ അങ്ങനെ പറഞ്ഞു വൈശേഷികൻ ഇങ്ങനെ പറഞ്ഞു സാങ്കുൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തരുടെയും വാദങ്ങൾ എടുത്തു കാണിക്കുകയാണ് ഈ വാദവിവാദങ്ങൾ ഒന്നും വെറുതെ മനസ്സിൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആത്മബോധത്തെ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് അവിടെ ആത്മസ്മരണ രൂപത്തിലുള്ള ആചാര്യപൂജയെ വിട്ടിട്ടായിരിക്കരുതെന്നും എന്നാണ് വാദപ്രവാദത്തിൽ ഇഷ്ടമുള്ളവർ അതിൽ മുഴിയേക്കും അത് വരാൻ പാടില്ല ബാഹ്യമായ ആചാര്യപൂജയുടെ തണു തന്നെ ആന്തരികമായ ആചാര്യപൂജ തന്നെ വേണം അതുകൊണ്ട് ആന്തരികമായ ആചാര്യപൂജ ആത്മസ്മരണ രൂപത്തിലുള്ള അല്ലെങ്കിൽ അദ്വൈതസ്മരണ രൂപത്തിലുള്ള ആചാര്യപൂജയെ പ്രദർശിപ്പിക്കുകയാണ് മനസ്സ് ഈ വാദവിവാദങ്ങളിൽ മൊഴി പോകാതിരിക്കാൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രചർച്ചയിൽ ഒരിക്കലും ആത്മസ്മരണ വിട്ടിട്ട് പോകാൻ പാടില്ല എല്ലാ ശാസ്ത്രചർച്ചകളും ആത്മസ്മരണയോടുകൂടി തന്നെയായിരിക്കും അല്ലെങ്കിൽ അത് വരും ശുഷ്കമായി പോകും നേരത്തെ പറഞ്ഞ ശുഷ്ക തർക്ക പടുവ് നമ്മൾ ശുഷ്ക തർക്ക പടുക്കൾ ആത്മസ്മരണ ഇല്ലാതെ വെറുതെ ഈ തർക്കജാലങ്ങളിൽ മനസ്സിനെ കൊടുക്കുക അത് വരാൻ പാടില്ല അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസ്മരണ മാത്രമാണ് അതുകൊണ്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാദവിവാദങ്ങളിലേക്ക് കിടക്കുകയാണ് എന്ന് പറയുന്നത് എന്നിട്ടാ കാര്യം വ്യാഖ്യാനിക്കുന്നു ആകാശേന ഈശ്വര സമാപ്തം ആകാശകൽപം ആകാശ തുല്യം എത്തിയത് അദ്വൈതം ആകാശ തുല്യമാണ് ആകാശ തുല്യം എന്ന് പറയുമ്പോൾ ആകാശത്ത് പോലെയെന്ന് കരുതരുത് ആകാശം എന്ന് പറയുമ്പോൾ അതിന് ഒരു അവകാശമുണ്ട് ഒരിടമുണ്ട് എല്ലാത്തിനെയും അത് നിലനിർത്തുന്നു ഭൗതികമായ എല്ലാത്തിനും ഭൗതികമായ സർവത്തിനെയും നിലനിർത്തുന്ന ഒന്നാണ് ആകാശം അതുകൊണ്ട് ഇത് ആകാശ തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആകാശത്തെ പോലെ ഭൗതികമായ സർവത്തിനും ഇടം കൊടുക്കുന്നതാണെന്ന് തോന്നിക്കൂ അണ്ട് പറയുന്നത് അങ്ങനെയല്ല ഇത് ഭൗതികമായ സർവത്തിനെയും നിഷേധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആകാശമല്ല ആകാശ ആത്യന്തികമായി സർവത്തെയും നിഷേധിക്കുന്നു അല്ലെങ്കിൽ സർവത്തെയും തന്നിൽ അന്തർഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ സർവത്തിനും തന്റെ സത്തയെ പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ചുസ്വരൂപമായ തന്നിൽ സർവവും ഭാനം ചെയ്യുന്നു വേറെത്തു പറയുന്നതാണ് ഇതിന്റെ രസത്തിൽ സർവവും ജീവിക്കുന്നു എന്നെല്ലാം പറയും ആ രീതിയിൽ സർവാധാരമായിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ടുതന്നെ ആകാശം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ആകാശത്തിൻ്റെ ഒന്ന് പറയാം ആകാശകൽപേന ജ്ഞാനേന അതാണ് ഈ ആത്മതത്വം അതെന്താണ് അതിനെങ്ങനെ മനസ്സിലാക്കാം ജ്ഞാനം അറിവ് അറിവ് എന്ന് പറയുമ്പോൾ ശുദ്ധമായ അറിവ് നമുക്ക് പരിചയമുള്ള അറിവല്ല നമുക്ക് പരിചയുള്ള അറിവ് അശുദ്ധമായ അറിവാണ് ഉണ്ടായി നശിക്കുന്ന അറിവ് പ്രദക്ഷിണം മാറിപ്പോകുന്ന അറിവ് ആ പ്രദിക്ഷിണം മാറിപ്പോകുന്ന അറിവിൽ നിന്നും ആ മാറ്റത്തെ ഒഴിവാക്കാൻ ശേഷിക്കുന്നത് അതാണ് നിരുപാധികമായ അറിവെന്ന് പറയുന്നത് മാറാത്ത അറിവ് അങ്ങനെയുള്ള ജ്ഞാനേന് ആകാശകൽപ്പേന ധർമാൻ ഗഗനോപമാൻ ആത്മനഹ കിം വിശിഷ്ടാൻ ഗഗകു ഗൂപമാൻ ഗഗനൂപമാ ദേഗിനൂപമാൻ ആകാശകൽപം എന്ന് പറഞ്ഞാൽ അതിനു വിശദീകരിക്കുന്നു ആകാശത്തോടെ അതിനുപമിക്കാൻ പറ്റും നമ്മുടെ അനുഭവ വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ഏതെങ്കിലും ഒരു അംശത്തോടെ അതിനുപമിക്കാൻ പറ്റുമെങ്കിൽ അത് ആകാശത്തിനോടെ പറ്റും അത് സർവവ്യാപകമാണ് നിരാകാരമാണ് നിർവികാരമാണ് ഇത്തരത്തിലാണ് നമ്മളതിനെ അനുഭവപ്പെടുന്നത് നിഷ്കളമാണ് പരിശുദ്ധമാണ് അങ്ങനെയുള്ള ആകാശ തുല്യമായിരിക്കുന്ന ധർമാൻ ഈ ജീവന്മാര് ധർമ്മം എന്ന് പറയുന്ന ഈ ജീവന്മാര് സാറിന് പരമാർത്ഥ തത്വം അത് ആകാശത്തിന്റെ ജീവന്മാരും ആകാശത്തിന്റെ കാരണം പരമാർത്ഥത്തിൽ രണ്ടും ഒന്നായതുകൊണ്ട് ജ്ഞാനസേവ പുനർവിശേഷണം ധർമ്മയിൽ ആത്മഭ്യർ അഭിന്നം അഗ്നി വിഷ്ണവ സവിതൃ പ്രകാശവ്ഞാനേന ആകാശകല്പേന ആത്മസ്വരൂപഅഅ്യതിരിതേന ജീവന്മാരും ജ്ഞാനസ്വരൂപികളാണ് ആ ജീവന്മാർക്ക് ജേയമായിരിക്കുന്നതോ ന്യമായ ഒന്നും ജ്ഞാനത്തിൽ നന്യമല്ല അതാണ് ഇതുവരെ ചർച്ച ചെയ്തത് ധർമ്മേ ആത്മഭീ അഭിന്നം അത് ജ്ഞാനാഭിന്നമാണ് ജീവന്മാരെല്ലാം ജ്ഞാനസ്വരൂപീളാണ് ആ ജീവന്മാർക്ക് മുമ്പിൽ പ്രകാശിക്കുന്ന സർവവും ആ ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല സൂര്യന്റെ പ്രതിബിംബങ്ങൾ അന്യമല്ലാത്തതുപോലെ അല്ലെങ്കിൽ അഗ്നിയുടെ ഉഷ്ണം അഗ്നിയുടെ അച്ചൂട് അഗ്നിയിൽ നിന്ന് അന്യമല്ലാത്തതുപോലെ പക്ഷെ നമ്മളതിനെ കാണുമ്പോൾ രണ്ടായി കാണും ഇത് പറയുന്നു ഇത് പ്രകാശമാണ് ഇത് ഉഷ്ണമാണെന്ന് നമ്മൾ രണ്ടായി കാണുന്നു എന്നാൽ പ്രകാശത്തിൽ നിന്ന് ഉഷ്ണത്തെയോ ഉഷ്ണത്തിൽ നിന്ന് പ്രകാശത്തെയോ എഴുതിരിക്കാൻ വയ്യ അനുഭവത്തിൽ ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞ് അനുഭവപ്പെടുന്നു പ്രകാശമായും ചൂടായും അല്ലെങ്കിൽ സൂര്യനും പ്രകാശവും പോലെ നമ്മൾ പറയുന്നു ആകാശത്ത് സൂര്യൻ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന അതിൻ്റെ വെളിച്ചം വാസ്തവത്തിൽ അതും ഇതും വെളിച്ചമാണ് രണ്ടിനെയും വേർതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഈ ജ്ഞാനമായിരിക്കുന്നതും ജേയമായിരിക്കുന്നതും അല്ലെങ്കിൽ ജേയാഭിനേനേന പറയും അതുകൊണ്ടാണ് ഇതിനാകാശകല്പറഞ്ഞത് ഒരു ജീവൻ എന്നെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന എന്താണ് അത് പരിച്ഛിന്നമാണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശരീരത്തിന്റെ ജന്മത്തോടു കൂടി ഉണ്ടാകുന്നതാണ് ഈ ശരീരത്തിന്റെ നാശത്തോടുകൂടി ഇല്ലാതാകുന്നതാണ് സ്വപ്നത്തിലും ജാഗ്രതത്തിലും സുഷുത്തിനുമെല്ലാം മാറി മാറി നിൽക്കുന്നതാണ് ഇതാണ് നമ്മുടെ അനുഭവം ഇതുപോലെ അനന്തമായ ജീവന്മാരാണ് നമ്മുടെ അനുഭവത്തിലുള്ളത് പക്ഷെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ അനന്ത ജീവന്മാർ നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം ശരിക്കുള്ള നിലനിൽപ്പ് ഇവിടെ തന്നിൽ തന്നെ ആ ജീവനിൽ തന്നെ ജീവൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ് ജ്ഞാനമാണ് ആ ജ്ഞാനത്തിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ നിലനിൽപ്പ് അനന്ത ജീവന്മാരും ഈ പ്രപഞ്ചവും ഈ ജ്ഞാനത്തിൽ പ്രകാശിക്കുകയും തന്റെ തന്നെ ജ്ഞാനത്തിൽ പ്രകാശിക്കുകയും തന്റെ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് എല്ലാം ഞേയമായി ആ ജേയം ഈ ജ്ഞാനത്തിൽ നിന്നും അഭിന്നമായി ഞേയ ആത്മസ്വരൂപ അമ്പിതിരിക്തേനായിരിക്കുന്നതും ആ ജ്ഞാനം തന്നെ ഒരേ ഒരു ജ്ഞാനം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ജ്ഞാനമായും ഞേയമായും സ്വപ്നം പോലെ ഉള്ളവരെ ജ്ഞാനം രണ്ടായി പിരിഞ്ഞിരിക്കുന്നു ഈ പറയുന്നത് തത്വജ്ഞന്റെ അനുഭവത്തെയാണ് അതുകൊണ്ട് ഞാൻ എന്റെ അറിവിൽ സർവത്തെയും അറിയുന്നു എന്ന് പറയുമ്പോൾ സർവത്തെയും ഉൾക്കൊള്ളുന്ന അതാണ് എന്റെ അറിവെന്ന് പറയുന്നത് അത് ഗഗന ഉപമാൻ ഗഗനതുല്യമാൻ ഈ വിപുലമായ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഈ അറിവ് എന്റെ അറിവ് സർവവ്യാപകമായിരിക്കുന്ന ആകാശത്തെ ഉൾക്കൊള്ളുന്ന ഈ അറിവ് ഈ അറിവ് ഇതിനെക്കാളെല്ലാം വ്യാപകമാണ് അതുകൊണ്ടാണ് എന്നെ ഗഗന ഉപമാനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അറിവ് എങ്ങനെ പരിച്ഛിന്നമാവും എങ്ങനെ പരിമിതമാകും അറിവ് പരിമിതമാകത്തില്ല പരിമിതമായ ഒന്നിനെ എങ്ങനെ ഈ വിപുലമായ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ പറ്റും പരിച്ഛിന്നമായ ഒന്നിന് എങ്ങനെയാണ് ഈ സർവ്വവ്യാപകമായിരിക്കുന്ന ആകാശത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആകാശത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് അനന്തമാണ് അപ്പം ആകാശത്തിന്റെ അനന്തതയെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട് ആകാശത്തിന്റെ അനന്തതയെ ഗ്രഹിക്കുന്ന ആ ജ്ഞാനം അത് തികച്ചും അനന്തമായിരിക്കുന്ന അനന്തമായ ഒന്നിനെ ഈ അനന്തതയെ ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ട് പറയുന്നു എന്താണ് ഈ ജ്ഞാനം ഗഗനതുല്യമാണോ അത് ചിന്തിക്കുന്നവർ ജ്ഞാനത്തെ പരിച്ഛിന്നമായി ധരിച്ചിരിക്കുന്നവർക്കല്ല ജ്ഞാനത്തിന്റെ വ്യാപകത്വത്തെയും അനന്തതയെയും കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകുന്നു ഇത് ആകാശ തുല്യമാണ് എന്നുവെച്ചാൽ ആകാശ തുല്യം എന്ന് പറയുമ്പോൾ ആകാശത്തെ പോലെ അനന്തവും വ്യാപകവുമാണ് അത് ആകാശത്തെയും ഉൾക്കൊള്ളുന്നത് ആകാശത്തെ അപേക്ഷിച്ച് അത് ആകാശത്തെക്കാൾ അത് അനന്തവുമാണ് അത് മാത്രമേ അനന്തമായിട്ടുള്ളൂ അങ്ങനെ ഒരു ജീവൻ തന്റെ ജ്ഞാനത്തിന്റെ അനന്തതയെ ഗ്രഹിക്കുന്നു അനന്തമായ ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന തന്റെ ജ്ഞാനത്തിന്റെ അനന്ത അവൻ ജ്ഞാനിയായി അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞവാൻ അവനാണ് ജ്ഞാനി എന്ന് പറയുന്നത് തന്ത്രജ്ഞാനത്തിന്റെ അനന്തതയെ ഗ്രഹിച്ചവൻ അതിൽ നിന്ന് അനന്യമായി സർവത്തെയും ഗ്രഹിച്ചവൻ ആകാശം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം എല്ലാം ഗ്രഹിച്ചവൻ അയമേവ ഈശ്വര അവൻ തന്നെയാണ് ഈശ്വരൻ അവൻ എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞു കാരണം അവന് തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നടക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്ന ആളിനെയാണ് തന്റെ ജ്ഞാനത്തിന്റെ വ്യാപകതയെ ഗ്രഹിച്ചവൻ ആ ജ്ഞാനത്തെ തന്റെ സ്വരൂപമായി തന്നെ ഗ്രഹിച്ചവൻ അവൻ തന്നെയാണ് ഈശ്വരൻ യോ നാരായണാഖ്യ അവനെയാണ് നാരായണൻ പുരാണങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അത് ഈ തത്വത്തെ ഗ്രഹിച്ചവനാണ് ആ തത്വഗ്രാഹിയാണ് ഇവിടെ ഗുരുവെന്ന് പറയുന്നത് ആചാര്യൻ എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്നത് തമ്പന്തേ അഭിവാദയേ അങ്ങനെ ഒരാൾ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു ഗ്രഹിച്ചിട്ട് അന്യർക്ക് വേണ്ടി ഉപദേശിച്ചു അങ്ങനെയുള്ള പരമഗുരുവിനെ ാൻ വന്ദിക്കുന്നു എന്നിവിടെ ആചാര്യബാദർ പറയുകയാണ് അഭിവാദയെ ദീപദാം വരം രണ്ടു കാലുള്ളവർ ഇവിടെ മനുഷ്യനെ ഉദ്ദേശിച്ച് പറയുകയാണ് രക്ഷിതാനാം പുരുഷാണ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ജീവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ അനന്തമായ ജീവന്മാരുള്ളവരിൽ ശ്രേഷ്ഠൻ അതുകൊണ്ട് ഈ ജ്ഞാനം കൊണ്ട് അവൻ ഈശ്വരൻ തന്നെയായി മാറി അതുകൊണ്ട് പ്രധാനം പുരുഷോത്തമം അവന് പുരുഷോത്തമൻ എന്ന് പറയും ആ പുരുഷോത്തമനായിരിക്കുന്ന ആചാര്യനെ പരമഗുരുവിനെ സ്മരിക്കുന്നു അഭിവാദനം ചെയ്യുക എന്നറിയാൻ സ്മരിക്കുന്നു ഉപദേഷ്ടു നമസ്കാരമുഖേന ഭേദരഹിതം പരമാർത്ഥ തത്വദർശനമിഹ പ്രകരണേ പ്രതിവിദിഷിതം പ്രതിപക്ഷ പ്രതിഷേധാതം ഇവിടെ ഗുരുവിനെ നമസ്കരിക്കുകയാണ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ഗുരുവിന്റെ സ്മരണയാണ് ഇവിടുത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആന്തരികമാണ് ശരിക്കും ഇവിടുത്തെ നമസ്കാരം എന്ന് പറയുന്ന തത്വ സാക്ഷാത്കാരം തന്നെ കാരണം ഇവിടെ തത്വനിഷ്ഠനായ ഗുരുവാണ് ഉപദേശിക്കുന്നത് തത്വ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത് അവിടുത്തെ നമസ്കാരം എന്ന് പറയുന്നത് തത്വസ്മരണയാണെന്ന് പറഞ്ഞു അദ്വൈതസ്മരണയാണെന്ന് പറഞ്ഞു അതിലൂടെ എന്താ ബോധിപ്പിക്കുന്നത് ജ്ഞാന ജ്ഞേയതൃഭേദരഹിതം പരമാർത്ഥ തത്വം ദർശനം ഭേദശൂന്യമായ പരമാർത്ഥ തത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് വിഹപ്രകൃത പ്രതിപാദീഷിതം ഇവിടെ ഇനി ആചാര്യൻ വിസ്തരിച്ച് പറയാൻ പോകുന്ന പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ് ആ തത്വത്തെ ആചാര്യൻ നേരിട്ട് ബോധിപ്പിക്കുന്നു സ്വ അനുഭവത്തിൽ നിന്നുകൊണ്ട് ശരി കേൾക്കുന്നവന്റെ മനസ്സിൽ വീണ്ടും വികല്പങ്ങൾ വരും പ്രതിപക്ഷ ചിന്തകൾ വരും ആചാര്യനെ അതിനേം കാണും ആ പ്രതിപക്ഷ ചിന്തകളെല്ലാം കാണുന്നു പ്രതിപക്ഷ പ്രതിഷേധദ്വാരേണ അതാണ് ഈ വാദവിവാദങ്ങളെല്ലാം ചോദിക്കും തത്വത്തെ പറഞ്ഞപ്പോലെ തത്വത്തെ മനസ്സിലാക്കി തന്നപ്പോ എന്തിനും ഈ വാദവിവാദങ്ങളിലേക്ക് കിടക്കണം ഈ വാദവിവാദങ്ങൾ ആചാര്യന്റെ മനസ്സിലുള്ളതല്ല കേൾക്കുന്നവന്റെ മനസ്സിലുള്ളതാണ് അവന്റെ മനസ്സിന് തത്വസ്മരണത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ രത്നം അഴുക്കുകൊണ്ട് മൂടിയിരുന്നാൽ ആഴുക്ക് മാറ്റണം എന്നാൽ രത്നത്തിന്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ പറ്റും അവന്റെ അന്ധക്കരണത്തിലുള്ള പ്രതിപക്ഷം ശ്രോതാവിന്റെ അതിനെ നിഷേധിക്കണം അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യൻ വാദപ്രിവാദത്തിലേക്ക് കടക്കുന്നത് അതെന്താ മറ്റൊരു ഉപായമില്ല അല്ലെങ്കിൽ അവന്റെ ഉണ്ടിരിക്കുന്ന പ്രകാശം ഈ പ്രതിപക്ഷങ്ങളെ കൊണ്ട് മൂടിയിരിക്കും അതാണ് പ്രതിപക്ഷ പ്രതിഷേധദ്വാരെയാണ് ആചാര്യന് വീണ്ടും അത് ചെയ്യേണ്ടി വരും ശിഷ്യന്റെ അന്ധകരണത്തിലുള്ള ഈ എതിർപക്ഷങ്ങളെല്ലാം നിരാകരിക്കുക എന്നിട്ട് താനെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക അങ്ങനെ പറയുന്ന ആചാര്യൻ ശിഷ്യനും ആത്മബോധത്തെ പകർന്നു കൊടുക്കുന്നു എന്നും മറ്റും പറയും പകർന്നു കൊടുക്കുന്നു പറഞ്ഞാൽ എന്താണ് ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റിയ ഒരു വസ്തുവാണ് ആത്മതത്വം അനന്യമായ ആത്മതത്വത്തിൽ ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നുമില്ല ഭേദമണ്ഡിടത്തെ കൊടുക്കൽ വാങ്ങനെ നടക്കത്തുള്ളുപോയിട്ടുണ്ടല്ലോ ഗുരുകരണ ഇവ ശിഷ്യ ഗുരുവിന്റെ ശിഷ്യനും ഇല്ലാ അവസ്ഥയിലെങ്ങനെ ആ കൊടുക്കൽ വാങ്ങി നടത്തുന്നു അപ്പൊ കൊടുക്കുന്നു വാങ്ങുന്നു ഒന്നുമില്ല പക്ഷേ ആചാര്യന് ഇത് ചെയ്യുന്നുണ്ടെന്താണ് ആ പ്രതിപക്ഷ പ്രതിഷേധം ശിഷ്യന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന വികല്പങ്ങളെല്ലാം പരിഹരിക്കുന്നു എന്നിട്ടവന് ചിത്ത സമാധാനത്തെ കൊടുക്കുന്നു അവന്റെ മനസ്സിനെ അകമുഖമാക്കി സൂക്ഷ്മമാക്കി ആത്മപ്രതിഷ്ഠിതമാക്കുന്നു ആത്മാവനുറപ്പിക്കുന്നു അതിനുവേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നു അതിന് മുഖ്യമായ സഹായമാണ് അവന്റെ ഈ മനസ്സിന്റെ വികല്പങ്ങളില്ലാതാക്ക അത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെ ഇവിടെ തുടക്കത്തിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നാണ് ആചാര്യം ശിഷ്യന്റെ വിശ്വാസദാർഢ്യത്തിന് വേണ്ടിയാണ് പ്രതിജ്ഞ ചെയ്യുന്നത് അല്ലെങ്കിൽ ശിഷ്യനെ സംശയിക്കുക എന്താണ് ഈ സംശയങ്ങളിൽ നിന്നെല്ലാം ഈ വികൽപ്പങ്ങളിൽ നിന്നെല്ലാം എന്റെ മനസ്സ് എന്നാണ് മുക്തമായി തീരുന്നത് എന്നാണ് ആത്മതത്വത്തിൽ ഉറയ്ക്കുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരാം അതിന് ഇവിടെ ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്യുകയാണ് അത്തരം സംശയങ്ങളെയെല്ലാം പരിഹരിക്കും പരിഹരിച്ച് തരാമെന്നു ഇവിടെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ കാര്യങ്ങൾ ധർമാോഗനോപമാൻ ജേയാ ഭിന്നുദ്ധം വിധി പാം അസ്പർശയോഗോ വൈ നമസത്വസുഖോഹിത ുഹം അധുനാദ്വൈതദർശന യോഗ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അസ്പർശയോഗം എന്ന് പറഞ്ഞു യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് നിരോധസമാധിയെക്കുറിച്ചാണ് ഇവിടെ അതല്ല പറയുന്നതെന്ന് വീണ്ടും പറയുകയാണ് ഇത് അദ്വൈത ദർശന യോഗമാണ് അദ്വൈത ദർശനം തന്നെ ഇവിടുത്തെ യോഗം വൃത്തി നിരോധ രൂപത്തിലുള്ള യോഗസമാധിയല്ല ഇവിടെ പറയുന്നത് അതിനെ നമസ്കരിക്കുന്നു അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി അതിനൈത ദർശന യുഗസ് നമസ്കാര യോഗി കഥി ബ്രഹ്മസ്വഭാവമോസ് പറയും അല്ലെങ്കിൽ അദ്വൈതദർശനയോഗമെന്നും പറയാം എന്നുവച്ചാൽ ഈ യോഗം നിരുപാധികമാണെന്ന് നടത്തും മറ്റ് യോഗങ്ങൾ പലതരത്തിലുള്ള യോഗങ്ങളുണ്ട് നിരോധയോഗം മന്ത്രയോഗം യന്ത്രയോഗം തന്ത്രയോഗം നയ്യോഗം എത്രയോ യോഗങ്ങളാണ് ഈ യോഗങ്ങളുടെയെല്ലാം താല്പര്യം എന്താണ് ഈശ്വര സാക്ഷാത്കാരം പരമാത്മലാഭം ഇതൊക്കെ തന്നെ എല്ലാ യോഗങ്ങളുടെയും താല്പര്യം എന്നാൽ ഇവിടെ പറയുന്ന യോഗത്തിന് ഒരു വിശേഷതയുണ്ട് എന്താണ് സ്പർശനം സംബന്ധം നവിദ്യതയേസ്യ ഈ യോഗം നിരുപാധികമാണെന്ന് നടത്തുന്നത് യാതൊരു ഉപാധികളെയും സ്വീകരിക്കുന്നില്ല മറ്റ് യോഗങ്ങൾക്ക് അങ്ങനെ നിരവധി ഉപാധികളെ സ്വീകരിക്കുന്നു ബാഹ്യ ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട് മാനസികമായ ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട് സംബന്ധം െന്ന് പറയുന്നതാണ് ഇതങ്ങനെയല്ല നിരവധി സങ്കേതങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ അതൊന്നും സ്വീകരിക്കുന്നില്ല നിരവധി അനുഷ്ഠാനങ്ങളെ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ അതൊന്നും സ്വീകരിക്കുന്നില്ല ഇവിടെ പരമാർത്ഥം നില വെളിപ്പെടുത്തുന്നേ ഉള്ളൂ ഇതാണ് പരമാർത്ഥം ഇന്നത് ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല പരമാർത്ഥം ഇന്നതാണെന്ന് വെളിപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ അനുഷ്ഠാനത്തിന്റെ ക്ലേശം അനുഷ്ഠാനത്തിന്റെ വ്യസനം അതൊന്നും ഇവിടെയില്ല അടുത്ത് പറയും ഇത് തപസ് പോലെ അല്ലെങ്കിൽ തപസ്സല്ല ക്ലേശകരമായ ഒന്നും ഇവിടെ പറയുന്നില്ല തപസ് ക്ലേശകരമാണ് എന്ന് പറയുമ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നതും ധരിക്കരുത് ഇവിടെ ഇതാരോടാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കും ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയവനോടാണ് പറയുന്നത് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവന് തപസ്സും മറ്റും ആവശ്യമാണ് അതുകൊണ്ടിവിടെ നേരത്തെ പറഞ്ഞല്ലോ എന്തിനെങ്കിലും ഒന്നിനെ നിഷേധിക്കുകയല്ല ചെയ്യും പരമാർത്ഥത്തെ വെളിപ്പെടുകയാണ് ആ പരമാർത്ഥത്തിന്റെ വെളിപ്പെടലിൽ ആ വെളിപ്പെടലിൽ മറ്റെല്ലാം നിഷേധിക്കപ്പെടും സ്വയം അല്ല എന്തിനെങ്കിലും ഒന്നിനും നിഷേധിച്ചിട്ട് അവിടെ എത്തുകയാണ് സ്പർശക സംബന്ധവനവിദ്യ സർവോപാധികളെ അവിടെ നിഷേധിക്കുന്നു അവിടെ ഒന്നിനുമായിട്ടും യാതൊരു സംബന്ധവുമില്ല ശയോഗു വെളിച്ചം കൊണ്ടിരിട്ടിനെ മാറ്റുന്നതുപോലെ വെളിച്ചം കൊണ്ടിരുട്ടിന് മാറ്റുന്നതിന് തപസ്സിന്റെ ആവശ്യമില്ല വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ള എല്ലാ പേരും തപസ്സിന്റെ ആവശ്യമില്ല രണ്ടാമതൊരനുഷ്ഠാനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല ഇന്നത് ചെയ്യുക എന്ന് കാണാം ഒന്നു മാത്രമേ ഉള്ളൂ എന്താണ് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നത് എത്രമാത്രം അനായാസമായിട്ടാകാമോ അത്രമാത്രം അനായാസമായി വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്ന എങ്ങനെ നമ്മൾ തീപ്പെട്ടി വരയ്ക്കുന്നു അല്ലെങ്കിൽ സ്വിച്ച് ഇടുന്നു അവിടെയൊക്കെ ആയാസം വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നു ചെറുതെങ്കിലും അനായാസമായി വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നെങ്ങനെ സൂര്യഭഗവാൻ തന്റെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുമ്പോൾ അവിടെ നമുക്കൊരു ആയാസമില്ല നിരുപാധികമായി അവിടെ വെളിച്ചം പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവിടെ ആയാസം വേണ്ടി വരാത്തത് ഇവിടെ നമ്മൾ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുമ്പോൾ വെളിച്ചം നമ്മളിൽ നിന്ന് അന്യമാണ് അങ്ങോട്ടോടെ ആയാസമു ഇതങ്ങനെയല്ല എന്താ പറയുന്നത് അസ്പർശയോ ബ്രഹ്മസ്വഭാവയേവാ ബ്രഹ്മസ്വഭാവം തന്നെയാണ് സൂര്യന്റെ വെളിച്ചമെന്ന് പറയുന്നതിന്റെ സ്വഭാവം തന്നെ അതിനെ പ്രകാശിപ്പിക്കുന്നതിനോട് ആയാസം ലേശവുമില്ല അതുകൊണ്ടാണ് കേനജിത് കഥാജിതഭയ ഒരു ഉപായത്തിലൂടെയും ഒരു കാലത്തിലും സംബന്ധമില്ലാതെ പ്രകാശിപ്പിക്കുകയാണ് അതാണ് അസ്പർശ്യ യോഗം പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു ആചാര്യൻ എന്നെങ്കിൽ ശാസ്ത്രം ഉപദേശത്തിലൂടെ പ്രകാശിപ്പിക്കുന്നു എന്തുകൊണ്ട് അത് ആചാര്യന്റെ സ്വഭാവമായതുകൊണ്ട് ബ്രഹ്മസ്വഭാവേവ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ആചാര്യനും നാരായണനും ഈശ്വരനും ഒന്നും വേറെ വേറെയല്ല അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ അന്ധതയില്ല ആ വെളിച്ചത്ത് പ്രകാശിപ്പിക്കുന്നതിന് ആയാസം ആവശ്യമില്ല യോഗ്യതയുള്ളവന് അതിനെ ഗ്രഹിക്കുന്നതിനും ആയാസം ആവശ്യമില്ല എങ്ങനെയാണോ അത് പ്രകാശിപ്പിക്കുന്നത് അതുപോലെ തന്നെ സൂര്യന്റെ പ്രകാശത്തെ അഗ്രഹിക്കുന്നതിന് തപസ്സിന്റെ ആവശ്യം യത്നത്തിന്റെ ആവശ്യം എന്തിനും കണ്ണ് തുറക്കേണ്ട ആവശ്യം പോലുമില്ല കാരണം പ്രകാശം വന്നു കഴിഞ്ഞാൽ കണ്ണ് തനിയെ തുറന്നുള്ളൂ അന്ധനാണെങ്കിലോ എന്തെല്ലാം പ്രയത്നം ചെയ്താലും പ്രകാശത്തിന്റെ അനുഭവം മാത്രം ഉണ്ടാകത്തില്ല മറ്റു പല അനുഭവങ്ങളും ഉണ്ടാകാം അതുപോലെയാണ് ഇവിടെ പറയുന്നത് എന്താണ് ബ്രഹ്മസ്വഭാവ ഇത് ബ്രഹ്മസ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് അസ്പർശയോഗം എന്ന് പറയുന്നത് സർവസംബന്ധശൂന്യമായിരിക്കുന്ന നിരുപാധികമായിരിക്കുന്ന പരമാർത്ഥപ്രകാശം അതിനാണ് ആചാര്യൻ വെളിപ്പെടുത്തുന്നത് ബ്രഹ്മവിതാം അസ്പർശയോഗ പ്രസിദ്ധ ആ രീതിയിലാണ് പൂർവാചാര്യന്മാരും ആഗമവും എല്ലാം പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് സജ സർവസത്വസുഖോഭൂതി സർവസത്വങ്ങൾക്കും സർവപ്രാണികൾക്കും ഇത് സുഖകരമാണോ സുഖം എന്ന് പറഞ്ഞാൽ അത് അനായാസമാണെന്നർത്ഥം യജ്ഞം പോലും കൂടാതെ അനായാസം പ്രകാശിക്കുന്നതാണിത് ഇതിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ് എനിക്കങ്ങനെയല്ലല്ലോ അനുഭവപ്പെടുന്നത് എന്നാശങ്കിച്ചിട്ട് കാര്യമില്ല ആചാര്യം പറയുന്നത് പരമാർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾക്കതെങ്ങനെ അനുഭവപ്പെട്ടാൽ അത് അനുഭവപ്പെടുന്നവന്റെ നിലവാരം അനുസരിച്ചാണ് അത് പക്ഷെ പരമാർത്ഥം ഇങ്ങനെയാണ് ക്വസ്റ്റി അത്യന്തസുഖസാധന വിശിഷ്ടോമേ ദുഃഖരൂപം യഥാർത്ഥം തപസ് പോലെയല്ല ഇതെന്ന് അറിയാം തപസെന്താണ് ദുഃഖരൂപമാണ് എന്ത് പറയും എന്റെ ജീവിതം തപസ്സാണെന്ന് പറയും എന്ന് വെച്ചാൽ അയാൾ വളരെയധികം ക്ലേശങ്ങളെ സ്വയം സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം എന്തിനുവേണ്ടി ക്ലേശങ്ങൾ സ്വീകരിക്കുന്നു വലിയൊരു സുഖത്തെ പ്രതീക്ഷിച്ചു അതാണ് പറയുന്നത് അത്യന്തസുഖസാധന വിശിഷ്ടവും വലിയൊരു സുഖത്തിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് ചിലർ തപസനെ സ്വീകരിക്കുന്നു ആ സുഖം പ്രാപിക്കാൻ വേണ്ടി യോഗങ്ങളും വ്രതങ്ങളും ഇതെല്ലാം ദുഃഖരൂപമാണ് തപസ്സാണ് അതിൽ നിന്ന് വിശിഷ്ടമായ സുഖം ഉണ്ടാവും അതൊക്കെ അതൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല അത് ശാസ്ത്രസമ്മതമല്ലെന്നോ അതൊരു യുക്തിയില്ലെന്നോ അനുഭവത്തിന് നിരക്കുന്നുണ്ടോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നു അയന്തിനോ കഥ ഇവിടെ പറയുന്ന കാര്യം അതുപോലെയൊന്നുമല്ല എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഇത് തപസ്സിന്റെ ഫലമല്ല തപസ് കൊണ്ട് നേടുന്നതല്ല തപസ്സുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ സുഖം അതിനോ ഇവിടെ തപസ്സിന്റെ ക്ലേശങ്ങളൊന്നുമില്ല പിന്നെന്താണ് കിംദി സർവസത്വനാം സുഖം ഇത് സർവപ്രാണികളുടെയും സ്വരൂപമായിരിക്കുന്ന സുഖമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആർജിക്കുന്ന സുഖത്തെയല്ല ഇവിടെ പറയുന്നു നിങ്ങൾ നിരാകരിക്കുന്ന ദുഃഖത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഇത് രണ്ടുമല്ലാഭ അലാഭങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണ സുഖങ്ങളുമായി താരതമ്യപ്പെടുത്തി അതിൽ വലിയൊരു സുഖം എന്നൊന്നും കാണണ്ട തഥൈഹ ഭൗതികസി മറ്റ് സുഖങ്ങൾ എത്ര വലിയ സുഖമായാലും ശരി വിഷയാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന എന്ന് പറയുമ്പോൾ അത് സമാധിയിൽ നിന്ന് കിട്ടുന്ന സുഖമായാലും ശരി അതുവരെയുള്ള സുഖമായാലും നഹിത അത് ഹിതമല്ല പരമാർത്ഥ ഹിതമല്ല അത് എന്നറക്കും ഐ എം ദ സുഖോ ഹിതസ്റ്റ സുഖമെന്നും ഹിതമെന്നും പറയാവുന്നുള്ള ഇതേ എന്തുകൊണ്ട് ഇവിടെ പിന്നൊന്നും നേടാനില്ല ആത്മലാഭം കൊണ്ട് പരമമായ ലാഭത്തെയാണ് നേടിയിരിക്കുന്നത് മറ്റേതെങ്കിലും സാധനകളൂടെ പ്രാപിക്കുന്ന സുഖം അതിന് ഒരു സാധനയുടെ നിലയിൽ ഉദാഹരണം പറഞ്ഞാൽ സമാധി നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു അതൊരു സാധനയാണ് അത് സുഖമാണ് ശ്രേഷ്ഠമായ സുഖമാണ് പക്ഷെ അതുപോലല്ലോ കാരണം അതൊരു സാധനയിൽ ഉണ്ടാകുന്ന സുഖമാണ് അവിടെയും നിരുപാധികതയെ പറ്റുന്നില്ല അസ്പർശയോഗത്തിലെത്തിച്ചേരുന്നില്ല ഇതാണെങ്കിലും ആയത് സുഖവും ഹിതസ്റ്റായത് സുഖവും ഹിതവുമാണ് പറഞ്ഞത് സുഖമാണ് പക്ഷെ ഹിതമായ കാരണം അവിടെ അവസാനിക്കാത്തതുകൊണ്ട് അത് അവസാനിച്ചാലേ അത് ഹിതവുമാകത്തുള്ളൂ എന്നുവെച്ചാൽ അതിന്റെ സാധനാഭാവത്തെയും പഠിക്കും നിത്യം അപ്രചരിത സ്വഭാവത്വ അതാണ് ഏത് സാധനായാലും എന്താണ് അത് പ്രചരിത സ്വഭാവമാണ് സാധനയിലിരുന്നാൽ പോരല്ലോ സാധനയിൽ നിന്നും മോചനം വേണം ആ സാധനയിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന തലങ്ങളിലെത്തിയാലും ശരി അതിൽ നിന്നും മോചനം വേണം അത് പ്രചരിത സ്വഭാവം ഉള്ളതാണ് മാറുന്നതാണ് ഇന്നൊരു സമാധി ആർജിച്ചു നാളെ മറ്റൊരു സമാധിക്ക് വേണ്ടി വീണ്ടും ശ്രമിക്കണം പിന്നെ മറ്റൊരു സമാധിക്ക് വേണ്ടി ശ്രമിക്കണം അവിടെ ചലനം സംഭവിക്കുന്നു മാറ്റം സംഭവിക്കുന്നു ഒരു തലത്തിൽ നിന്ന് ശ്രേഷ്ഠമെന്ന് കരുതുന്ന മറ്റൊരു തലത്തിലേക്ക് പോകണം സഞ്ചരിക്കണം ഇതങ്ങനെയല്ല നിത്യമാണ് അപ്രചരിത സ്വഭാവം അപ്രചലിത സ്വഭാവമാണ് മാറ്റമില്ലാത്തതാണ് സൂര്യന്റെ പ്രകാശത്തിന് അവിടെ ഏറ്റക്കുറച്ചിലില്ല നിങ്ങളതിനെ നിങ്ങളെ മുറിക്കകത്താക്കണെങ്കിൽ അതിൽ മന്ദനം വരും പ്രകാശത്തിന് നിങ്ങൾ ഏറ്റക്കുറച്ചിലുണ്ടാകും സവിതാവിനെന്താണോ ഏറ്റക്കുറച്ചിലില്ല എന്നും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും രാത്രിയും പകലും ഒന്നും ഇല്ലാത്തതുപോലെ കണ്ണൂർ പറയുന്ന നിത്യം അപ്രചലിത അതാണ് അസ്പ്രശ്യ യോഗത്തിൻ്റെ പ്രത്യേകത കിംച്ച അവിവാദോ വിരുദ്ധവദനം വിവാദ പക്ഷ പ്രതിപക്ഷ പരിഹാരേണ യുസ്മിന്ന വിദ്യദേശോ വിവാദ അദ്വൈതീയും വിവാദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സംഖ്യനിങ്ങനെ പറഞ്ഞു വൈശേഷികൻ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ പരമാർത്ഥന നില എന്താണ് അവിവാദമാണ് അവിടെ വിരുദ്ധവചനങ്ങളൊന്നുമില്ല സാധാരണ പറയാറ് അദ്വൈതത്തിലും വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ എന്താണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത് അണു രണീയാൻ മഹതോ മഹീയാൻ എന്നെല്ലാം പറയാം അണുവിൽ അണുവാണു മഹത്തിലും മഹത്താണ് തതേജതി തന്നെയതി ചലിക്കുന്നതാണ് ചലിക്കാത്തതാണ് ഇതാണ് വിരുദ്ധവതനം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വൈരുദ്ധ്യം വരത്തില്ലേ എന്ന് സംശയിക്കുക വൈരുദ്ധ്യത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വൈരുദ്ധ്യം വരണം അവിടെ എന്തുകൊണ്ട് വൈരുദ്ധ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്രോതാവിന്റെ മനസ്സിലിരിക്കുന്ന വൈരുദ്ധ്യത്തെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് നിന്റെ മനസ്സിൽ അണുവിനെ കുറിച്ചും മഹത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് നിന്റെ മനസ്സിൽ ചലനത്തെക്കുറിച്ചും നിശ്ചിതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് ഇതെല്ലാം ദ്വന്ദ്വാത്മകമാണ് വിരുദ്ധവചനങ്ങളാണ് വിവാദങ്ങളാണ് പക്ഷപ്രതിപക്ഷങ്ങളാണ് ഇതിനപ്പുറം പോകണം ഇതിനപ്പുറമാണ് പരമാർത്ഥമെന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യങ്ങളെവിടെ ചൂണ്ടിക്കാണിക്കുന്ന അതിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടില്ല അത് പരമാർത്ഥമാണെന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെന്താണ് പക്ഷപ്രതിപക്ഷ പരിഗ്രഹ പക്ഷപ്രതിപക്ഷങ്ങളെ പരിഗ്രഹിച്ചുകൊണ്ട് അവനെ നിരാകരിക്കുന്നു യേശ്മന്ന വിദ്യതെ അവിടെ അതില്ല എന്ന് പറയുന്നു അത് മഹത്തിനും അപ്പുറമാണ് ചലനത്തിനും നിശ്ചലതയ്ക്കും അപ്പുറമാണ് ഈ തരത്തിലത് ബോധിപ്പിക്കുകയാണ് അതുപോലെ മറ്റ് ദാർശിനീയന്മാരുടെ കാഴ്ചപ്പാടുകളെയും അതെല്ലാം ഇതിനകം ഒരുവന്റെ മനസ്സിൽ കടന്നുകൂടിയതാണ് അവനവനെ ഓർമ്മിപ്പിച്ചിട്ട് നിരാകരിക്കുന്നു സോ അവിവാദം അതാണ് ഇവിടുത്തെ അവിവാദം എന്ന് പറയുന്നത് അത് ഇവിടെ പറയുന്ന അസ്പർശ്യയോഗത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് പറയുന്നു അസ്പർശ്യയോഗത്തിൽ എന്ന് പറയുമ്പോൾ ആ തുലീയന്റെ പരമാർത്ഥതയെ ബോധിക്കുമ്പോൾ അവിടെയാണ് ഈ വിവാദങ്ങളെല്ലാം ഒടുങ്ങുന്നത് ഈ വിരുദ്ധ വചന വചനങ്ങളെല്ലാം അവസാനിക്കുന്നത് അവിടെ ഒരു തരത്തിലും വൈരുദ്ധ്യങ്ങളില്ല അതാണ് ഇവിടെ വിശദീകരിച്ച് വരുന്നത് പക്ഷെ അവിടെ എത്തിച്ചേരുന്നതിന് തടസ്സമായി ഈ വിവാദങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിനുള്ള ഉപായങ്ങൾ പറയും അതാണ് ഇനി പറയുന്നത് ഇന്നതൊക്കെയാണ് അതിന് തടസ്സങ്ങൾ അതിനെ മാറ്റുക എന്നാവശ്യപ്പെടുകയാണ് അതുകൊണ്ടിതിനെ അവിവാദം എന്ന് പറയാം തസ്മേതോ അവിരുദ്ധ ഈദൃശോ യോഗോ ഉദ്ദേശിക ഉപതിഷ്ട ഇത് അവിരുദ്ധവുമാണ് ഇവിടെ വിരോധമില്ല നേരത്തെ പറഞ്ഞിട്ടോ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുന്നവൻ വൈരുദ്ധ്യങ്ങളെ പ്രകടമാക്കി നശിപ്പിക്കുകയാണ് ഏതുപോലെ ഇരട്ടിനെ കാണുന്നവന് വെളിച്ചം കൊണ്ട് പ്രയോജനം വരുന്നതുപോലെ അതുപോലെ വിവാദങ്ങൾ വികല്പങ്ങളിലാണ് മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ അതിനെ അവനെ ഓർമ്മിപ്പിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നു അതുകൊണ്ട് ഇത് അവിരുദ്ധമാണ് ഇവിടെ വിരോധങ്ങളൊന്നുമില്ല സ്വയം വിരോധമല്ല മറ്റാരോടും വിരോധമില്ല മറ്റു ദാർശനികന്മാരോടും വിരോധമില്ല ഈദൃശോ യോഗോ ദേശിത ഉപദിഷ്ട ഇതാണ് ഇവിടുത്തെ യോഗം ഈദൃശ്യ യോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള യോഗങ്ങളെ ഇവിടെ നിഷേധിക്കുകയാണ് അഷ്ടാംഗ യോഗം പോലെയുള്ള യോഗങ്ങൾ ഈ നിലയിൽ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുകയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നിലയിൽ അത് ആവശ്യമുണ്ടെങ്കിലാണ് നിഷേധിക്കുന്നു ഇവിടെ ഈ പറയുന്ന തത്വപ്രതിപാദനത്തിൽ ഈദൃശ യോഗ ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു യോഗമാണ് ദേശിതഹ അതിനെ ഉപദേശിച്ചു ഉപദേഷ്ട ശാസ്ത്രേണ ശാസ്ത്രരൂപത്തിൽ അത് ഉപദേശിച്ചിരിക്കുന്നു തം യഹ ഉപതിഷ്ടം ആരാണോ ഇത് ഉപദേശിച്ചത് ഉപദേശിക്കുന്നതിന് ഒരു ഗുരുവേണോ ആ ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രമായി മാറിയത് അതാണ് ശാസ്ത്രേണ ഉപദിഷ്ട ശാസ്ത്രരൂപത്തിൽ അത് ഉപദേശിച്ചു അപ്പോ അതുകൂടെ വീണ്ടും ഇവിടെ എന്തിനു പറയുന്നു ഇതിന്റെ ചർച്ചയിൽ ഇതിന്റെ മനനത്തിൽ ഒരു തരത്തിലും അങ്ങനെ തോന്നാൻ പാടില്ല എന്താണ് ഇത് ആവശ്യമില്ലാത്തതാണ് ഇത് വേണമായിരുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഒരാൾക്കിത് ആവശ്യമില്ലാത്തതാണെങ്കിലും വേറൊരാൾക്കിത് ആവശ്യമായി വരും വാദങ്ങളും വിവാദങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളുമെല്ലാം ഒരിടത്തണങ്ങളും വേറൊരു സ്ഥലത്തത് നിലനിൽക്കാൻ ആവശ്യമായി വരും എന്തുകൊണ്ടിത് ആചാര്യൻ ഉപദേശിച്ചിരിക്കുന്നതാണ് ആചാര്യൻ വ്യർത്ഥമായൊന്നും ചെയ്യത്തില്ല അങ്ങനെയുള്ള ആചാര്യനെ തം നമാമ്യഹം പ്രണമാമി അങ്ങനെയുള്ള ആചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുവീണ്ടും ആ സമ്പ്രദായത്തെ ഉറപ്പിക്കുകയാണ് സമ്പ്രദായ മര്യാദയുറപ്പിക്കുകയാണ് അദ്വൈത രൂപത്തിലുള്ള ആചാര്യ സ്മരണ വിടാതെ തന്നെ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കണം ശാസ്ത്രത്തിൽ പ്രവർത്തിക്കണം അത് വീണ്ടും ആചാര്യനൂടെ ഓർമ്മിപ്പിക്കുകയാണ് അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖോഹിത അവിവാദോ വിരുദ്ധശ്ചിതസ്തം നമ്യഹം